വിഗ്രഹത്തിലെ കൂട്ട് കയ്യിൽ വെച്ചോണ്ടിരിക്കണമെങ്കിൽ കയ്യിൽ വെച്ചോണ്ട് ഇത്ര മണിക്കൂറിൽ കൂടുതൽ ഇരിക്കണമെങ്കിൽ അതിനുള്ള ചെറിയ പ്രതിപ്രയോഗങ്ങൾ അറിയണം അപ്പൊ ഇങ്ങനെയുള്ള പഴയ കൂട്ടുകൾ ഉണ്ട് ആൽക്കമിയുടെ എന്ന് പറയും കെമിസ്ട്രി ഭാരതീയൻ പഠിച്ച കെമിസ്ട്രി ഒന്നും ഞങ്ങളുടെ പൊത്തനത്തിൽ പഠിക്കുന്നില്ല അതിന്റെ അനന്തകോടി ഗ്രന്ഥങ്ങളുണ്ട് ഒന്നോ രണ്ടോ അല്ല സമയം കിട്ടുമെങ്കിൽ വസന്ത മഹൽ ലൈബ്രറിയിൽ പോവുക കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല സഫ്രോജി മഹാരാജിന്റെ കേട്ടിട്ടില്ല ഏ ഒറ്റക്കല്ലില് ഒരു ക്ഷേത്രത്തിന്റെ മുകളില് ഒരു വലിയ കലാരൂപമുള്ള ഒരു ക്ഷേത്രമുണ്ട് കേട്ടിട്ടുണ്ടോ ഇല്ല കുംഭകോണം കഴിഞ്ഞ് ഇല്ല എന്നിട്ട് കുംഭകോണം കഴിഞ്ഞ് തമിഴ്നാട് ചിദംബരം ശ്രീശൈലേശ്വരം അല്ല അല്ല അതൊക്കെ അങ്ങാണ് അതൊക്കെ പോണ്ടിച്ചേരിക്കപ്പുറമാണോ ഇപ്പുറം കുംഭകോണം കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ഗുരുവീരുടെ നാട് എവിടെയാണ് നിങ്ങളുടെ ഗുരുവീരുടെ നാട് ആ ദേശത്തിന്റെ പേര് ഗംഗ ചോളൻ പേരുകേട്ടൊരു ക്ഷേത്രം ഏ അതൊരു മധുരയ്ക്ക് ഇവിടെ കിടക്കുന്നു വളരെ പേര് കേട്ട തഞ്ചാവു കേട്ടിട്ടില്ല തഞ്ചാവു ലോകത്തിലെ ഏറ്റവും പേരുകേട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തഞ്ചാവു അതിന്റെ മോളിയാ കല്ലുകയറ്റിവെച്ചത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വലിയ ചർച്ചയാ നിങ്ങളുടെ എന്ത് ചെയ അമൃത നാഷണൽ ജ്യോഗ്രഫി അല്ല മറ്റേ വേറെ ഒന്നും ഉണ്ടല്ലോ ഡിസ്കവറി ഡിസ്കവറി വന്ന് ഒരുപാട് ഗവേഷണം നടത്തിയ അവസാനം ആ ഗോപുരത്തോളം പൊക്കത്തിൽ മണ്ണിട്ട് വഴിയുണ്ടാക്കി അതേ കൂടെ വലിച്ച് മോളിക്കൊണ്ട് കയറ്റിയിട്ട് മണ്ണ് വലിച്ചു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് തഞ്ചാവൂർ തഞ്ചാവൂർ സപ്രോജി മഹാരാജ് ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ലൈബ്രറി ഉണ്ട് അതിന്റെ പേരാണ് വസന്ത മഹൽ ലൈബ്രറി ആ വസന്തമാൻ ലൈബ്രറിയിൽ ചെല്ലുക അവിടെ ഇരിക്കുന്ന താളിയോലകളിലൂടെ ഒന്ന് കണ്ടുപൊടിക്കുക മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും സംസ്കൃതത്തിലും ഒക്കെയുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിലൂടെ നോക്കുക മനുഷ്യനെ ഒരു കുട്ടിയയിലുള്ളിൽ കയറ്റിക്കിടത്തി ഔഷധങ്ങൾ ചെയ്ത് പല്ലു പൊഴിഞ്ഞുപോയ വൃദ്ധന് പുനർപല്ലു വന്ന് തലമുടി നരച്ചുപോയവനെ തലമുടി കറുത്ത് അവനെ വാർദ്ധക്യത്തിന് യൗനത്തിലേക്ക് അക്കുന്ന പ്രയോഗങ്ങളുടെയും ചാരുതയാർന്ന പ്രയോഗങ്ങൾ എഴുതിയ എത്ര താടിയോലകൾ ഉണ്ടെന്ന് നോക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് മദനമോഹന മാളവിയെ വാർദ്ധക്യത്തില് കുടിപ്രവേശം ചെയ്ത് യൗവനത്തിലേക്ക് കൊണ്ടുവന്നത് ചരിത്രത്തിലെ ഉദ്ഘാടനം മദനമോഹന മാളവീയതിനെ കിടന്നു കൊടുക്കുകയും മദനമോഹന ചെറുപ്പക്കാരനായി മാറുകയും ചെയ്ത ഹിസ്റ്ററി ഇന്ത്യ ചരിത്രത്തിലുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും മദനമോഹന മാളവിയ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവർ ഭരണാധികാരികളായി വന്നിട്ടും ആദ്യം അവർ തകർത്തരുന്നത് സംസ്കൃതവും ആയുർവേദവുമാണ് അത് നേരിട്ട് കെട്ടിട്ടുള്ള ഗാന്ധിയാണ് പറഞ്ഞത് ആയുർവേദം ഒരു അന്ധവിശ്വാസമാണ് എന്ന് ഹരിജൻ മാസിക നിങ്ങളുടെ നാടിൻ്റെ ദുര്യോഗം ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നു അറിയില്ല നിങ്ങൾ ചുമക്കുന്ന വിഗ്രഹങ്ങളെ ഞാൻ തട്ടി തകർക്കുന്നില്ല പഠിക്കുക അവിടെ ഇരുപണ്ടേതരേഖകൾ നിങ്ങളുടെ പരീക്ഷ ലൈബ്രറിയിൽ കയറി നോക്കുക അവിടെയുണ്ട് കുറെ സംസ്കൃത കോളേജിനകത്ത് അവിടെ ഉണ്ട് കൊറേ നിങ്ങളുടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ചെല്ലുക അതിനകത്തുണ്ട് ലൈബ്രറിയിൽ വർഷം തോറും കൊറേ എടുത്ത് ചതരെടുത്തു പറഞ്ഞ് കത്തിച്ച് കളയും കത്തിച്ച് കളയുന്നത് സാധാരണ പോകും അത് വായിച്ച് പ്രയോജനപ്പെടുത്താൻ അറിയാവുന്ന കയ്യിലേക്ക് മനസിലായില്ല പിടികിട്ടില്ല തിരുവനന്തപുരത്ത് ഇല്ല കാര്യവോട്ടത്ത് യൂണിവേഴ്സിറ്റി സെന്ററിൽ കയറിയിരുന്ന് പഠിച്ചു നോക്കുക നേരമുണ്ടെങ്കിൽ എന്നിട്ട് തെറി പറഞ്ഞ് അടക്കുക പാരമ്പര്യങ്ങൾ ഒരുക്കി വെച്ചത് മുഴുവൻ ടഹർ തെറിഞ്ഞ് സർവതം വിറ്റു തിന്ന് കുടിച്ച് കൂത്താടി വെച്ചവനെ പല്ലിച്ച് കാണിച്ച് കുച്ഛിച്ച് പുരോഗതിയുടെ വക്താക്കളായി നടക്കുന്നവർ അതേ പ്രസംഗം ഇന്ന് വളരെ കൂടിപ്പോയി അതുകൊണ്ട് അവരെ എത്ര പഠിച്ചിട്ടുണ്ടെന്നും അന്ന് എന്തുകൊണ്ടാണ് അർബുദവും മറ്റു രോഗങ്ങളും ഇവിടെ ഉണ്ടാകാതിരുന്നതെന്നും ഔഷധങ്ങളും ഔഷധ കമ്പനികളും വൈദ്യവിശാരണന്മാരും ആശുപത്രികളും മരുന്ന് ഇല്ലാതിരുന്ന കാലത്ത് ഈ രാജ്യത്തിലെ ജനതയെ ഏതൊരു സംസ്കൃതിയാണ് രോഗമില്ലാതെ സൂക്ഷിച്ചതെന്ന് പല രോഗങ്ങൾക്കും കുമാരനല്ലൂർ വരെ പോയി മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്തുകൊണ്ടൊന്ന് കഴിക്കുമ്പോഴത്തേക്ക് മാറും കണ്ടിട്ടില്ല കാരണം കുമാരനല്ലൂർ കർത്തിയായനി അഞ്ജനക്കല്ല അവിടെ അഭിഷേകം ചെയ്യാൻ പറ്റില്ല വെള്ളം അവിടെ അഭിഷേകം ചെയ്യാൻ പറ്റില്ല പാല് അവിടെ മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്യാം കാരണം അഞ്ജനക്കല്ല ലയിക്കും കർത്തിയായനി അഞ്ജന വേണമെന്നറിയില്ല വെള്ളം ഒഴിച്ചാൽ അത് കുറച്ച് അഞ്ജനക്കല്ല് വെള്ളത്തിന്റെ മഷിയാവും നീലമഷിയാവും മനസിലായില്ല അഞ്ജനക്കല്ലൊന്നും കേട്ടിട്ടില്ല ശുദ്ധീത അഞ്ജനക്കല്ലോണ്ടാക്കി വിഗ്രഹം കഴിക്കാവുന്നേ അഞ്ജനക്കല്ല് അതിനൊക്കെ പ്രസാദം വാങ്ങിക്കുമ്പോ അതാ അട്ടിന്നത് അത് കഴിച്ചു മാറുമ്പോഴാണ് ഞാൻ അവിടെ പോയി തൊഴുതിട്ട് മാറി മനസ്സിലായില്ല ഞാൻ രോഗം അമ്പലത്തിൽ പോകാറുള്ളൂ അല്ല നിത്യ സന്ദർശകർ വേണ്ട സ്ഥലങ്ങളല്ലായിരുന്നു ഇത് ഇതെല്ലാം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവു ഏറ്റവും നല്ലതാണ് നാശം ആ മണ്ണിന് സ്വർണ്ണത്തിൻ്റെ ഗുണമുണ്ടാവും കടലാടിക്കും ഉണ്ടാവും മുത്തുള്ളിനും ഉണ്ടാവും എൻ്റെ ഉണ്ട് കൂടുതൽ ചില രോഗങ്ങൾക്ക് ഫലപ്രദം ചെറുകടലാടിയാണ് ചിലതിനു ഫലപ്രദം വലിയ കടലാടിയാണ് രണ്ടും ഔഷധമാണ് കടലാടി അതുപോലെ തന്നെ അണുനാശകമാണ് ശീമ കൊങ്ങിണി തേടി ചീമക്കൊന്നയല്ല ശീമ നീലനിറത്തിലുള്ള പൂവ് പച്ച ഒരു ചെടിയുണ്ട് പുകയിലയുടെ പുകയെന്നാല് നിറം മാറ്റുന്നൊരു ചെടിയുണ്ട് മന്ത്രവാദത്തിനൊക്കെ ഉപയോഗിക്കുന്ന തെങ്ങിന്റെ ക്ലാഞ്ഞിലിന്റെ ആ പൂക്കല പോലെ പൂവുണ്ടാവും എന്ന് പറഞ്ഞു അതിന്റെ അതിലെല്ലാം പൂവുണ്ടാവണം നീലകറപ്പി പിന്നെ നാട്ടിലൊക്കെ പറയാ സീമ കൊങ്ങിണിന്നാണ് പറയാം അല്ല നീലപ്പൂ കക്കൂ വരെയാണ് ഈ പേരും അതിന് പറയും ആ സാധനം നല്ല അണുനാശകങ്ങളാണ് സൗദി രാജനം ശ്രോതവഞ്ജനം അബാമാർക്ക് ഗുൽഗുരു ഗുൽകുലുവൊക്കെ നല്ല അണുനാശകമാണ് അണുകൾ പൂർണമായി പോകുന്നതാണ് ഗുക്കുരു ഇങ്ങനെ ഒരുപാട് ഔഷധങ്ങളുണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്ത് കളയാം നമ്മൾ പഠിച്ചെടുത്തോളം വെച്ചിട്ട് അർബുദത്തിന്റെ ഔഷധങ്ങളും യോഗങ്ങളും കൂടെ കഴിഞ്ഞിട്ടാകാം ബാക്കി തുടർച്ച അർബുദ രോഗങ്ങളിൽ തൃകോൽപ്പക്കുന്ന സുക്ക് അടയ്ക്കാമണിയ കഷായം വളരെ നല്ലതാണ് ഒരു കഷായം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കഴഞ്ച് മരുന്ന് പഴയ കിണക്കിന് അറുപത് ഗ്രാം ഇപ്പോഴത്തെ കിണക്കിന് നാൽപ്പത്തിയെട്ട് ഗ്രാം പുതിയ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് നാൽപ്പത്തിരണ്ട് ഗ്രാമാണ് ഒരു കഷായ യോഗം ഗ്രാം ഒരു കഴഞ്ച് പഴയ ആളുകൾ ഉപയോഗിക്കുക അഞ്ച് ഗ്രാമാണ് അറുപത് ഗ്രാം മരുന്ന് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് എട്ടൗൺസ് അതൊന്നര ഗ്ലാസ് ആക്കി ചുരുക്കി തിളപ്പിച്ച് ഒന്നര ഗ്ലാസ് ആക്കി അര ഗ്ലാസ് വീതം മൂന്നു നേരം കഴിക്കാനുള്ളതാണ് അതാണ് കഷായത്തിന്റെ ഒരു യോഗം തൃകോൽപ്പക്കൊന്നയും ചുക്കും അടയ്ക്കാമണിയാൻ വരും ഈ പറഞ്ഞ അളവിലെടുത്ത് ഈ പറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് അടുപ്പത്ത് വെച്ച് ഒന്നര ഗ്ലാസ് ആക്കി എടുത്ത് അര ഗ്ലാസ് വീതം മൂന്നു നേരം കഴിച്ചാൽ അർബുദ രോഗം ശമിക്കും അർബുദത്തിൻ്റെ മരുന്നുകളാണ് പറയുന്നതെല്ലാം അർബുദവും അനുബന്ധ രോഗങ്ങളും നേർമാതല ഭാഗത്തുള്ളതായാലും കുറച്ച് ഫലം ചെയ്യും എങ്കിലും ജനറൽ ആയിവ ഉദരത്തിൽ വരുന്നവയ്ക്കാണ് ഇത് കൂടുതൽ ഫലം ചെയ്യുന്നത് ഈ പറഞ്ഞത് ഉദരത്തിലും ഉദരാന്തർ ഭാഗങ്ങളിലൊക്കെ വരുന്ന വിദ്രതികൾക്കും ക്യാൻസറുകൾക്കും ഫലപ്രദമായ കഷായമാണ് നീർമാതലത്തൊലി ആവിൽത്തൊലി ആവിൽത്തൊലി നല്ല അണുനാശകമാണ് ആവിൽത്തൊലി നീർക്കെട്ടുകളെ മുഴുവൻ കളയുന്നതാണ് ശരീരം മുഴുവൻ നീര് വെച്ച് കിടന്നാലും ആവിൽ തോലാതി ഭസ്മം വാങ്ങിക്കൊണ്ടുവന്ന് ആവിൽ തോലാതി ഭസ്മം ഒടക്കലോ ഔഷധിയിലും ഒക്കെ കിട്ടും അത് കൊണ്ടുവന്ന് ഒരു രണ്ട് ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഗ്രാം വെള്ളത്തിലിടുക എന്നിട്ട് നല്ലോലെ കലക്കി വെക്കുക എന്നിട്ട് ആ തെളി ഊറ്റി അതില് മലരോ ഒടിയരിയോ കഞ്ഞി വെക്കുക ആ കഞ്ഞി ഒരു നേരം കുടിക്കുമ്പോ ദേഹത്തെ നീര് മുഴുവൻ പോകും പൂർണമായും നീർക്കെട്ടു പോകുന്ന ഒരു ഔഷധാണ് എത്ര കൂടിയ നീരായാലും സർവാംഗം വ്യാപിച്ച ശോഭമായാലും നിസാനം കൊണ്ടുപോകും അതിനു തുല്യമായ മറ്റൊരു മരുന്നാണ് പനവിരലാദി ഭസ്മം ഇതുപോലെ തന്നെ കഞ്ഞി വെച്ചു ഭസ്മം ബാവിൻ തോലുകൾ വളരെ വളരെ അത്ഭുത ശേഷിയുള്ള ഒരു ഔഷധമാണ് തലയിലെ രോമം കൊഴിഞ്ഞു പോയാൽ അലോപ്പേഷ്യ ആവിൽ തളിര് തൈരിൽ അരച്ച് പരട്ടിയാൽ തയ്യാറെടുത്തിട്ട് പരട്ടാവു കുട്ടികളുടെ തലയെ പരട്ടരുത് പഴയ ആളുകൾ പറയാ കസണ്ടിയിൽ മൂടി വരുമെന്നാണ് സൂക്ഷിച്ച പുരട്ടാവൂ കാരണം നില തൊഴുകിയല്ല അതൊരല്പം പരട്ടി സഹിക്കാവിൽ മാത്രം പരട്ടുക മനസിലായില്ല നേറും പ്രത്യേകിച്ച് മുടി കളഞ്ഞിട്ട് ഈ സാധനം അങ്ങോട്ട് പരട്ടിക്കഴിഞ്ഞാൽ ഇരേഴു പതിനാല് ലോകവും ഉണ്ട് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ബാർബർ ഇടയിൽ കൊണ്ടുപോയിട്ട് മുമ്പോട്ട് പഠിക്കുന്നതിന് പകരം മുമ്പോട്ട് പഠിക്കുന്നതിന് പകരം പുറകോട്ട് പഠിക്കും ബാർബർ മനസ്സിലായില്ല അപ്പൊ ഇതിന്റെ പുറമേയുള്ളൊരു ചെറിയ പോട്ടിങ്ങുണ്ട് അതങ്ങ് പോയി കിട്ടും എന്നിട്ടങ്ങ് തേച്ചു കൊടുത്താൽ ഇവൻ ഉടേതമ്പുരാനെ കാണും ചോദിച്ചാൽ മതി കാണുന്നില്ല ഈ സാമിമാരുടെ പുറകെയൊക്കെ ചെല്ലു കൂടും ദൈവത്തെ കാണണം എന്നു പറയും ഇതങ്ങ് തേപ്പിച്ചിട്ട് ചോദിക്കുക എങ്ങനെ ഉണ്ടാകും കണ്ടേന്ന് പറയും അത്ര ഗംഭീരൻ സാധനമാണ് പരട്ടിയാൽ മുടിക്കെടുക്കും ശങ്കയൊന്നുമില്ല അലോപേശയിൽ അതായത് ഇന്ദ്രലുപ്തത്തിൽ വന്ന ആ കഷണ്ടി പൂർണമായി മാറും അങ്ങനെയൊക്കെ ഉള്ളതാണ് ആവിൽത്തോൽ ആവിൽ തോൽ ഒരുപാട് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ആവിലിന്റെ കട്ടിലിൽ കിടന്നാല് വാദം ഉണ്ടാവില്ല വില ഉണ്ടാവും വലിയ വിലയുണ്ടാവും ആവിലിന്റെ തടി കട്ടിലായിട്ട് വന്നാൽ രണ്ടിനണ്ടാണ് ഞാവല് വേറെ ആവിൽ വേറെ വളരെ ഫലപ്രദമായ ഒന്നാണ് ആ ആവിൽ തൊലിവിടെയൊക്കെ തരം ഉള്ളതാണ് പപ്പിനെ കാണാൻ ഇവിടെയൊക്കെ മരുന്ന ഇവിടെ മുഴുവൻ സിമെന്റ് കൃഷിയല്ലേ സിമെന്റ് കൊണ്ടല്ലേ മരം ഉണ്ടാക്കി വെച്ചിരിക്കണ വഴികൾ കണ്ടു പൂന്തോട്ടത്തിലൊക്കെ സിമെന്റ് കൊണ്ട് മരം ഉണ്ടാക്കി ഒരു മരം വെച്ച് പിടിപ്പിക്കുന്നതുവരെ മടിച്ചിട്ട് സിമെന്റ് കൊണ്ടുണ്ടാക്കുന്ന നിങ്ങളുടെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും എന്നിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങും പ്രകൃതി സ്നേഹികൾ സിമെന്റ് കൊണ്ടുള്ള മരങ്ങൾ കടലാസ് കൊണ്ടുള്ള പൂക്കൾ കളറുകയറ്റിയ പൊടികൾ കൊണ്ടുള്ള ഓണപ്പുവിടൽ മത്സരം ശരിയല്ല അവസാനി പിള്ളേരും കളറുകയറ്റിയും പരുവത്തിലൊക്കെ വരുന്ന ഒരു സന്ധ്യ എത്ര സുന്ദരമായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നേർമാതള തൊലി ആവിൽത്തൊലി ശതാവലി കിഴങ്ങ് കരിങ്കുറിഞ്ഞ് വേര് പെരുംകുരുമ്പ വേര് ഒരു സുഗന്ധ സത്യമാണ് പെരുംകുരുമ്പ ഏതാണ്ട് താർതാവലിൻ്റെ മട്ടിലൊക്കെ ഇരിക്കും കുറച്ചുകൂടെ പൊക്കം കൂടുതലുണ്ടാവും വലുപ്പം കൂടുതലുണ്ടാവും ഇലക്കുമൊക്കെ പെരുംകുരുമ്പ വേര് കൂവള വേര് മുരിങ്ങ വേര് ചെറുവഴുതിനെറുവഴുതന ഒന്നും കിട്ടില്ല പകരം വഴുതനയുടെ പേര് കിട്ടും ചെറുവഴുതിനിൻ പേര് വെളുത്ത ആവണക്കിന്റെ പേര് ഉങ്ങിൻ വേര് മുഞ്ഞ പേര് ദർഭവേര് ചെറുളവേര് കഷായം കഷായം നേരത്തെ പറഞ്ഞ യോഗം അത് ഒരു പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല വേണ്ടെന്ന് വിചാരിക്കുന്നു അല്ല അല്ലാത്തത് ഞാൻ പ്രത്യേകം പറയും നേർമാതളത്തൊലി ആവിൽത്തൊലി എല്ലായോ എന്റെ കഷായം വെച്ച് കഴിച്ചാൽ സാമാന്യം ക്യാൻസറൊക്കെ പോവും ഈ പറയുന്ന പേടിക്കാനുള്ളതാനൊന്നും ഉള്ളതല്ലേ ഈ രോഗം ഇത് വീട്ടിൽ മര്യാദക്ക് പഠിച്ച് കഷായം വിളിച്ചു കൊണ്ട് മാറി കിട്ടുന്ന രോഗമാണ് ഇതിന് ഏഴ് ലക്ഷവും എട്ട് ലക്ഷമൊക്കെ ആയിട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങുകയാണ് എന്നിട്ട് തെക്കേപ്പറമ്പിൽ കുഴിച്ചിരുകയാണ് ഇതെല്ലാം തീർന്നു കഴിഞ്ഞു അതിനിസ്സാരമായ സാധനങ്ങളാണ് പലപ്പോഴും കച്ചവടക്കാരുടെ കയ്യിൽ വലിയതായി തീരുന്നത് ഇന്ന് ഈ രംഗമൊക്കെ കൊഴിപ്പിക്കുന്നത് കച്ചവടക്കാരാണ് കച്ചവടത്തിന്റെ രംഗങ്ങളാണ് വലിയ സ്ഥാപനമൊക്കെ ഈ സാധാരണ തയ്യൽക്കാരന്റെ ഇടയ്ക്ക് ചെന്ന് വണ്ണം തയ്ച്ചാലേ ഇത്രേ ഉണ്ടാവുള്ളൂ സാധാരണ വീടിന്റെ ഇടയ്ക്ക് ഉള്ള ബാർബറെ കൊണ്ട് തലമുടി വെട്ടിച്ചാൽ ആകെ ഇരുപത്തി അഞ്ച് പൈസ അത് എ റൂം എ റൂമിൽ തലമുടി വെട്ടിയതു കൊണ്ട് ബാർബർ ഷോപ്പ് എന്ന പേര് മാറ്റി ബ്യൂട്ടി പാർലർ പേര് മാറ്റിയപ്പോൾ ചാർജ് കൂടി അന്ന് ബാർബറാണ് പാരമ്പര്യമുള്ളവനാണ് തലമുടി വെട്ടിയിരുന്നത് ഇപ്പൊ നായർ പെണ്ണും നമ്പൂരി പെണ്ണും ഏഴവ പെണ്ണും ഒക്കെ എം എം പിഎച്ച് ഡി ബ്യൂട്ടി പാർലറിൽ തുടങ്ങിയപ്പോൾ ഇതിന്റെ ചാർജ് കൂടി ചെരയാ പണിയെങ്കിലും ആള് കൂടിയുടെ സാന്റേഡാ നല്ലൊരു ഇടയ്ക്ക് ഇരിക്കണ്ടേ ക്ഷമിക്കണ്ട അധിക പ്രസംഗം വളരെ മോശ ചെറിയ ശുദ്ധി ചെയ്തിട്ട് കഴിക്കാം ഏത് മുത്തലിന്റെ നെല്ലിക്കവരെ കഴിക്കാം നെല്ലിക്ക അളവ് വരെ കഴിക്കാം നെല്ലിക്ക അളവ് വരെ കഴിക്കാം അടുത്ത നാൽപ്പമരം നമ്പരിട്ടിരിക്കും കേട്ടോ കഷായമൊക്കെ പറയുമ്പോൾ ഒരു നമ്പർ ഇട്ട് എഴുതിക്കോ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതിക്കോ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ പിന്നീട് പറഞ്ഞാൽ ഓർക്കാൻ എളുപ്പമുണ്ട് നാൽപ്പാമരം നാൽപ്പാമരം എന്ന് പറയുന്നത് ഒരു മരം അല്ല ഇട്ട് നാൽപ്പാമരം നാൽപ്പാമരം എന്ന് എഴുതി നാലെണ്ണമാണ് അത്തി ഇത്തി അരയാൽ പേരാൽ അതിൽ ഇത്തി കിട്ടുക ഇത്തിയില്ല വളരെ കുറവാണ് അതിദുർലഭമാണ് നാലും ആൽമരമാണ് നാല് ആലുകളാണിവ നൂറ്റി ഇരുപത്തിയൊന്ന് തരം ആലുകളുണ്ട് ഇന്ത്യയിൽ അത് അറുപത്തിയൊന്നോളം തരം വരും നിങ്ങളുടെ കടപ്പിലാവ് ഒരേ ആൽവർഗത്തിൽപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കണം നോക്കിയാലേ പറയാൻ പറ്റൂ രൂഹത്തിലടിച്ചതായിപ്പം അത്തിയും വിത്തിയും അരയാലും പേരാലും കല്ലാലും ആൽവർഗമാണ് ആൽമരങ്ങൾക്ക് പ്രത്യേകത അത് ദിവ്യവൃക്ഷങ്ങളായി എണ്ണുന്നത് അവ അവയുടെ അതേ വർഗത്തിലെ വണ്ടുകൾ വേണം നിർബന്ധമാണ് വർഗത്തിലുള്ള വണ്ടുകൾ തന്നെ വേണം ഇല്ലെങ്കിൽ അതിന് കായുണ്ടാവില്ല അതുകൊണ്ടൊരു കാവണ്ടയിട്ട് അന്യനാട്ടി പിടിപ്പിച്ചാൽ ഈ വണ്ടിനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കിളിക്കുക കിളിക്കുക അല്ലാതെ കായുണ്ടാവില്ല അത് അത്ഭുത കണക്കാക്കുന്നതിന്റെ മൂന്ന് കാരണങ്ങളിൽ ഒന്ന് അതുമാത്രമേ വൈദ്യശാസ്ത്രമുള്ളൂ അതുമാത്രം പറയാ അതിലൊരു കാരണം അത് പൂക്കും വേരാലിന്റെയൊക്കെ മുട്ടുകണ്ടിട്ടുണ്ടോ ഇല്ല വേരാലിന്റെ മൊട്ട എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നത് എന്റെ മുഗുളമാണോ അതറിയുമോന്നറിയില്ല പറഞ്ഞ അപ്പൊ പറഞ്ഞാണോ പറഞ്ഞ ആ എങ്കിലും ആ മുകുളം ഒടിക്കുമ്പോ അവിടെ തോണി പോലൊരു പുറത്തെ ഒരു ഇല പോലൊരു സാധനം കാണും അടക്കുമ്പോൾ അതിന്റെ ഇടയിലാണ് ഇതിന്റെ മൊട്ടർ ഉണ്ടാവുക അതുകൊണ്ട് അത് ചേർത്തിട്ടാ മൊട്ടർ എന്ന് പറയുക നാലഞ്ചെണ്ണം കാണും അത് പൂവായി വിടരുമ്പോൾ തന്നെയുള്ള കണ്ണുകൾക്ക് പോലും കാണാൻ വയ്യാത്തത്ര ചെറുപ്പത്തിലാണ് അതിനുള്ളിലൂടെയാണ് വണ്ടകത്ത് കയറുന്നത് ഫർട്ടിലൈസ് ചെയ്ത മുട്ടയോടുകൂടിയ വണ്ട് പെൺവണ്ട് അതിനകത്തുകൂടിയാണ് കയറുന്നത് അകത്തേക്ക് കയറുന്നതോടുകൂടി പറക്കുന്ന ഈ വണ്ടിന്റെ ചരകുകൾ പോകും ഇടുങ്ങിയ ഒരു വാതായനത്തിലൂടെയാണ് ഇത് നരങ്ങി അതിനുള്ളിലെത്തുന്നത് ഉള്ളിലെത്തി തൻ്റെ ഫർട്ടിലൈസ് ചെയ്ത മുട്ടയെ അതിന്റെ അണ്ടത്തിനുള്ളിൽ അണ്ടകോശത്തിനുള്ളിൽ നിക്ഷേപിക്കും ആ കൂട്ടത്തിലെ ഇതിന്റെ പൂങ്കുഴി അതിനെ കൊണ്ടുപോയി ആ അണ്ടത്തിൽ പറ്റിക്കും അപ്പോഴാണ് ആരിന്റെ കായായിട്ട് അത് പ്രാപിക്കുമ്പോൾ അതിനുള്ളിൽ വണ്ടിൻ്റെ മുട്ടകൾ ഉണ്ടാവും ആ മുട്ടകൾ ആൺ വണ്ടിൻ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊത്തിപ്പൊട്ടിക്കാനുള്ള ചുണ്ടുണ്ടാവുകയുള്ളൂ പെൺ വണ്ടിൻ കുഞ്ഞുങ്ങൾക്കുണ്ടാവില്ല അത് മുട്ടയ്ക്കാതിരിക്കുകയുള്ളൂ അപ്പൊ അതിലെ ആൺ കുഞ്ഞുങ്ങളുള്ള മുട്ട തന്നെ താൻ പൊട്ടി പുറത്തു വരും അത് മറ്റു മുട്ടകളെ പൊട്ടിക്കും അതിനകത്തു വെച്ച് തന്നെ ആണും പെണ്ണും എണ്ണ ചേരും അവിടെ വെച്ച് മരിച്ചുപോകും ആ കായ പൊഴിച്ചു പുറത്തു വീഴുമ്പോൾ പെൺവണ്ട് ഇണ കഴിഞ്ഞ ഫർട്ടിലൈസ് ചെയ്ത മുട്ടയോട് കൂടിയ പെൺവണ്ട് പറക്കും അടുത്ത കായ പൂവിലേക്ക് ഇങ്ങനൊരു ചക്രം പൂർത്തിയാക്കുമ്പോൾ ആയതുകൊണ്ടാണ് ആ മുകുള മുടിച്ച് ഗർഭിണിയാകാത്ത പെൺകുട്ടിക്ക് ബാൽക്കഷായം വെച്ച് കൊടുക്കുമ്പോൾ ജനിതക സ്മൃതിയുടെ ആദി സ്മൃതിയിൽ നിങ്ങളുടെ ജനിതക കണ്ണിയിലെ ആ വണ്ടിന്റെ ബീജസങ്കരണത്തിന്റെ അംശത്തിൽ നിന്ന് അണ്ടവിസർജനത്തിനുള്ള കഴിവ് സ്ത്രീക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പ്രക്രിയയും ഇതൊഴിച്ച് ബാൽക്കഷായം വെച്ചു കൊടുത്താൽ ഇവൾക്ക് കുട്ടിയുണ്ടാകുമെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത് ഗവേഷണമല്ല ശാസ്ത്ര അല്ല പഠനമല്ല ഏതോ ടെസ്റ്റും എടുത്ത് നാല് കെമിക്കൽ ചേർത്ത് കൊടുത്ത് കൊളവാക്കി ക്യാൻസറും വരുത്തി തെക്കേപ്പറമ്പിൽ കുഴിച്ചു മൂടുന്നത് ശാസ്ത്രവുമാണ് സുവോളജിയും വൈദ്യശാസ്ത്രവും മാനവചേതനയും പരിണാമ ശൃംഖലയും എൺപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യൂനിൽ ജനിച്ചു വളർന്നു മനുഷ്യന്റെ വളർച്ചയുടെ പടവുകളിൽ അവനിലുള്ള സംഭ്രമങ്ങളെ മാറ്റിമറിക്കുവാൻ അതിന്റെ ചങ്ങലക്കെട്ടിലെ കണ്ണികളിൽ ഏതെടുത്തും ഉപയോഗിക്കാമെന്ന് കണ്ടെത്തി കണ്ടെത്തലും വരദാനമായി മനുഷ്യന് തന്ന പൂർവന്മാരുടെ നഞ്ചത്ത് ചവിട്ടി നിന്ന് ശാസ്ത്രത്തിന്റെ അഹങ്കാരം കാണിച്ച നിങ്ങളുടെ തലമുറയ്ക്ക് എന്നാണിനി മോക്ഷം കിട്ടുക ആ ശാപങ്ങളിൽ നിന്ന് ഏതെടുത്തും ഉപയോഗിച്ചാലും ഉണ്ടാവും നിങ്ങളുടെ ജീവൻ എപ്രകാരമാണോ ആഹാരത്തെ പജിച്ച് നിങ്ങൾ എങ്ങനെയാണോ ഇണചേരുന്നത് അതേ സുഖാ കുഴു ഇണചേർന്നാലും ഉണ്ടാകുന്നത് അതേ സുഖ നീറ്റു നിന്നാലും ഉണ്ടാകുന്നത് ഇത് ഈ പരിണാമത്തിന്റെ ചങ്ങലക്കണ്ണിയിലെ എല്ലാമാണെങ്കിൽ അതിലെ അണ്ടവും ബീജവും എല്ലാം എല്ലാമാണ് ആ അറിവുണ്ടെങ്കിൽ മഹാഭാരതം വായിക്കണം ഒരു കുഴുവ് ഓടുക പേരുവരുന്നു വ്യാസം കണ്ടു എങ്ങോട്ടാ സുഹൃത്താന്ന് ചോദിച്ചു ജീവനം കൊണ്ടോടന്ന് തേരുവരുന്നു അപ്പുറത്തോട് മാറിയിട്ട് പറയാം മുനാന്ന് പറഞ്ഞു നിന്റെ ഈ ചെറിയ ശരീരം നീചമായ ശരീരത്തിൽ ഇത് നീജമാണെന്ന് ആരാ പറഞ്ഞു ചോദിച്ചു താൻ തന്റെ വലിയ ശരീരം കൊണ്ട് മുനിയായ ശരീരം കൊണ്ട് കളിക്കുന്ന എല്ലാ പണിയും ഞാൻ ഇതുകൊണ്ട് കാണിച്ചതാണ് ഇനി മനസ്സിലായില്ല മഹാഭാരത എടുത്ത് വായിക്ക ഇപ്പൊ മനസിലായില്ലേ ഇത് അച് വേറെയാണെന്ന് ഏ ഇപ്പൊ ഇതിന്റെ അച് വേറെയാണെന്ന് അല്പാമരം അത്തി ഇത്തി അരയാൽ പേരാൽ അതിന്റെ തോല് കല്ലാലിന്റെ തോല് കല്ലാലും ഇതുപോലെ തന്നെയാണ് പടപ്പുറത്ത് അത് വളരുകയുള്ളൂ കണ്ടിട്ടില്ല ഇതും ഈ മുമ്പ് പറഞ്ഞ എസ് വളരെ ഔഷധമാണ് യുടെ തോലും കല്ലാലിന്റെ തോലും ആരെണ്ണത്തിന്റെ തോലെടുത്ത് വെള്ളം തിളപ്പിച്ചിട്ട് യോനി കഴിയുക കണ്ടിന്യൂസ് ആയി കഴിയുക എല്ലാ ദിവസവും കഴിയാ യൂറിൻ പാസ് ചെയ്യുമ്പോഴും ഒക്കെയായി കഴിയാൻ വൈറ്റ് ഡിസ്ചാർജും എല്ലാം പോകും അല്പം ജാത്യാധികൃതം ബിജു വെക്കുക ചെയ്താൽ ഉത്തമമായി നാൽപ്പാമരം കല്ലാൽ ല്ല ഞാറുണ്ട് ഉരുണ്ട പഴമുള്ള ഞാവൽ ഞാറയും ഞാവലും പലരിടത്തും ഒന്നായിട്ട് പറയും രണ്ടുണ്ട് ഇലക്കി ലേശം സ്വാമിണ്ട് വ്യത്യാസമുണ്ട് ലേശം മറ്റത് നീണ്ടിരിക്കും ചെറുതാ ചെറിയ പഴാണ് ഞാറപ്പഴംന്ന് പറയും കണ്ടിട്ടുണ്ടാവും ആ നല്ല സ്വാദൊക്കെ ഉള്ളതാണ് ഒരു രസമൊക്കെ ഉള്ളതാണ് ഞാറ ഞാവൽ നേർമരുത് പുളിയും കൊമ്പ് പുളിയുടെ കൊമ്പ് നന്ദിയാർ ഓട്ടം നന്ദിയാർ ഓട്ടം പറയുന്നത് ഗന്ധരാജനല്ല നിങ്ങൾ ഈ നന്ദിയാർ ഓട്ടം എന്ന് പറഞ്ഞാൽ വല്ലതും പഠിച്ചിരിക്കുന്ന ആ കട്ടിയുള്ള പൂവുള്ളതല്ല ആ എതളായിട്ട് പൂ നിൽക്കുന്നത് നന്ദിയാർ വട്ടം ഇരിപ്പ ഒരു വലിയ മരമാണ് ഇരിപ്പക്കാവൽ പഴയകാലത്ത് ഈ ചാരുപടിയൊക്കെ ഉണ്ടാക്കാൻ വീടുകളിൽ ഇടുന്നൊരു സാധനമാണ് വളരെ ഇതായിട്ടുള്ളതാണ് ഇരിപ്പ ഇവയുടെ തൊലി കഷായം വെച്ച് അഞ്ചു മിനിറ്റൂടെ ഉണ്ടോ ഉണ്ട് അപ്പൊ ഒന്നുകൂടെയാകാം കുറുന്തോട്ടി അരച്ചുണക്കി ണക്കണം ഉണക്കിയിട്ട് പൊടിച്ചാൽ പോരാ അരച്ചുണക്കിയിട്ട് പൊടിക്കുക രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് അരച്ചുണക്കി പൊടിച്ച് ഒരു ഭാഗം അമൃതിന്റെ ഊറൽ അമൃതിന്റെ ഊറൽ മുത്തങ്ങ കാഞ്ഞിരത്തിന്റെ മൊരി കാഞ്ഞിര മൊരി ചെത്തിയെടുത്തത് നല്ല മൂത്ത കാഞ്ഞിരത്തിന്റെ തൊലി കിണ്ടു നിൽക്കും കണ്ടിട്ടുണ്ടോന്നറിയില്ല ആ തൊലിങ്ങ് തട്ടിയാൽ അകത്തൊരു ചോപ്പ് വേണം അത് ചരണ്ടി എടുക്കുന്നത് മൊരി കാഞ്ഞിരത്തിന്റെ മൊരി ഇവ പൊടിച്ചൊരു ഭാഗം അതെല്ലാം കൂടെ ചേർന്നൊരു ഭാഗം കുറുന്തോട്ടി പേര് മാത്രം ഒരു ഭാഗം രണ്ടും ഈക്വലായിട്ട് എടുക്കുക ഇവ രണ്ടും കൂടെ പൊടിച്ച് നല്ലോലെ യോജിപ്പിച്ചിട്ട് നീരറ്റ വെണ്ണയിൽ ജലാംശം ഇല്ലാത്ത വെണ്ണ എങ്ങനെയെടുക്കുക എങ്ങനെയാ വെണ്ണയുടെ ജലാംശം കളയുക തുണി എഴുതി പറ്റില്ല ആ നല്ല പുതിയ കലത്തിൽ എറിഞ്ഞാല് കലമാ നീര് വലിക്കും അല്ലെങ്കിൽ നല്ല ബ്ലോട്ടിങ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞാല് വെള്ളം വലിക്കും മാറി മാറി ബ്ലോട്ടിങ് പേപ്പർ പൊതിഞ്ഞെടുക്കുക ഇല്ലെങ്കി അവിടെ ചേട്ടാ എങ്ങനെയാ നീരറ്റത് എന്നുള്ളത് അന്നേരം വിളിക്കാനും ചോദിക്കാനും പോയാ ചിലപ്പോ കിട്ടിയെന്ന് വരികല ിപ്പോഴേ സൈഡിൽ എഴുതി വെച്ചുകൊള്ളുക ആ വെണ്ണയും ചേർത്ത് നല്ലപോലെ ചാലിക്കഴക്ക നെറുകയിലിട്ടാൽ ഉള്ളിൽ വരുന്ന മുഴകളിലൊക്കെ പോകും കഴിക്കണ്ട ഒട്ട അനേകം മുഴകൾ പോകാൻ ഈ സാധനം മതി ശരീരത്തിലൊക്കെ കണ്ടാല് ആത്തി സാധനം ഒന്നിട്ട് നോക്കുക രണ്ടോ മൂന്നോ നേരം ഇടുമ്പോഴേക്ക് സാധനം പോകും ം പോയി ഡോക്ടർമാരെ വരണം അവർ നിങ്ങളുടെ ഹോർമോൺ ഇംബാലൻസ് ആക്കും കുറെ മരുന്ന് വരും രണ്ടാമത് പറഞ്ഞ് പേടിപ്പിക്കും ഇത് അതാണ് ആ സ്കാൻ എടുക്കണം ഈ സ്കാൻ എടുക്കണം ആദ്യം നിങ്ങളെ കൊണ്ടുപോയി യു എസ് എഫ് ഡമോ എടുക്കും പിന്നെ സി ടി എടുക്കും പിന്നെ അത് പോരിടും പറയും അപ്പൊ എം ആർ പിന്നെ അത് പോരാന്ന് പറയും പെറ്റാകും മനസ്സിലായില്ല അത് കഴിയുമ്പോ പിന്നെ ഇത് കുത്തി മാന്തും അവസാനിതെല്ലാം കൂടെ കൊളവാക്കും അവസാനം കയ്യിൽ കാശെല്ലാം തീരും തീർന്നു കഴിയുമ്പോ പുല്ലും വൈക്കോലും തിന്നാൻ ആയുർവേദം എന്ന് പറഞ്ഞിറങ്ങുകഴിഞ്ഞു തീർന്നു കഴിഞ്ഞ് മാത്രം ആ ജനിതകത്തിൽ കിടക്കുന്ന ഓർമ്മയാണ് കാശുള്ളവനും പറ്റിയതല്ല ഈ ചികിത്സ എന്നുള്ള ജനിതകത്തിന്റെ സ്മരണ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം അത് അരച്ച് ചാലിച്ച് നെറുകയിലിട്ടാല് മാറും പാടക്കിഴങ്ങ് അങ്ങാടി വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ പറിച്ചെടുക്കാൻ കിട്ടും അത് കാടിവെള്ളത്തിലരച്ച് കാടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നെല്ല് വാങ്ങിച്ച് കുത്തി വെള്ളം എടുക്കുന്നത് കാടിവെള്ളം അല്ലാതെ കാച്ചിൽ കൊടുത്ത് അരി മേടിച്ചുകൊണ്ട് അവിടെ റെഡ് ഓക്സൈഡിന്റെ വെള്ളം എടുത്തേച്ച് കാടിവെള്ളന്ന് പറഞ്ഞ് പറഞ്ഞത് സാമി പറഞ്ഞ് കാടിവെള്ളം കുടിച്ചു പൊക്കി കൂടെ പോയി അരി കഴിയുമ്പോൾ കൈയിലെല്ലാം പറ്റും അരിയുടെ പേരേതായാലും പുതിയ കമ്പനി പേരുകളൊക്കെ അവരാരും അരിക്ക് തവിട് വെക്കുന്നില്ല തവിട് പൊളിച്ചെടുക്കുക അവിടെയൊക്കെ റബ്ബർ റോളിംഗ് മില്ലുകളാണ് അങ്കമാലിയിലോട്ട് എന്ന് കഴിഞ്ഞാൽ എല്ലാ മില്ലും റബ്ബർ റോളിംഗ് മില്ലാണ് ആദ്യത്തേത് ഭൂമി മാത്രം പൊളിയും രണ്ടാമത്തത് തവിട് മാത്രം പൊളിയും ആ തവിട് ബാംഗ്ലൂർക്ക് പോയി എണ്ണ വരും കാരണം ഇവിടെ എണ്ണ എടുക്കുന്ന മില്ലായില്ല അങ്കമാലിയിൽ വലിയ മില് എല്ലാ കമ്പനിയും കൂടെ കൂടി ഇപ്പം പോകുന്നേ ഉള്ളൂ തവിടിന്റെ എണ്ണ എടുക്കാൻ തവിടിന്റെ എണ്ണയാണ് നിങ്ങൾ ഇന്ന് ഉഴുന്നോടെയും പരിപ്പുകളുടെയും ഹോട്ടലിൽ നിന്നൊക്കെ തിന്നുമ്പോൾ തവിളിന്റെ എണ്ണയിലൂപ കിലോ ലിറ്ററിന് വില അതാകുമ്പോ അഞ്ഞൂറ് പ്രാവശ്യം പൊരിക്കാം എണ്ണ അല്പം പോലും പിടിക്കില്ല മനസിലായില്ല ഉപ്പേരി വറുത്തു കഴിഞ്ഞാൽ വറുത്തിഞ്ഞ് കോരിയാൽ എണ്ണ അത്രയും തന്നെ ഉണ്ടാവും അതൊരു അറുപത് എഴുപത് പ്രാവശ്യമാകുമ്പോഴേക്കും ഒരുമാതിരി കരിയിൽ അത് മീനും മാംസവും മത്സ്യവും മറ്റേ ഉഴുന്നോടെയും പരിപ്പോടെയും ഒക്കെ പൊരിച്ച പിന്നീട് എടുത്തം പോയി മേടിച്ചോണ്ടു കാശ് കൊടുത്ത് ഒന്ന് ശരിയാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കും വിളക്കെണ്ണ എന്നിട്ട് അതുകൊണ്ടുപോയി അമ്പലത്തിലൊക്കെ വിളക്ക് കത്തിക്കും എന്നൊരു തൊഴും കാരണം വിളക്ക് കത്തിക്കാനല്ല ഇതൊക്കെ മതി കമ്മറ്റിക്കാരൻ പറയും കാരണം കമ്മറ്റിക്കാരൻ അമ്പലത്തോടി തോന്നുള്ളതല്ല ശാന്തിക്കാരൻ ഇത് എങ്ങനെയെങ്കിലും തുറഞ്ഞാൽ മതി ഉള്ളത് മതി വർക്ക് തന്നെ പതിവായിട്ടൊന്നു പോയി തൊഴിൽ കാണിക്കേണ്ടി പോന്നാലും മതി ശരിയല്ല വീടുകളിൽ ഒരു വായിക്കുന്നതാ വെല്ലുമ്മയുടെ നിർബന്ധ വിളക്ക് കത്തിക്കാൻ എണ്ണയ്ക്ക് എത്രയോ കാശാവുക അതുകൊണ്ട് ഞാനിപ്പോ ഇതാ മേടിക്കുന്നത് നീ അറിഞ്ഞില്ലേ ഉടനെ അവള് ക്ലബ്ബ് ചെയ്തു തീരുമാനിച്ചു ചെറിയും കുറഞ്ഞ എണ്ണ കിട്ടാനുണ്ടല്ലേ പതിനെട്ട് രൂപ കിലോയ്ക്ക് വല്ല ഞാൻ അറിഞ്ഞിരുന്നില്ല എങ്കിൽ ഞാൻ എന്നേ മേടിച്ചേനെ ഉടനെ അവളും വാങ്ങിച്ചു എന്നിട്ട് പിള്ളേരിൽ നിന്ന് ആവം ചോദിക്ക ഇതിന്റെ പുകയില് അന്തരീക്ഷ മലിനീകരണം വേറെ രോഗം എന്നിട്ട് വിളക്ക് കത്തിച്ചിട്ടാണ് കുഴപ്പമുണ്ടായത് നിങ്ങൾ ശരിയാകാൻ ഒരുപാട് കാലം വാടകിഴങ്ങ് കാടി വെള്ളത്തില് അരി കഴുകിയ വെള്ളത്തില് അരച്ച് തേൻ ചേർത്ത് കഴിക്കുക അത്ര മതി നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവിയും സരസ്വതി വ്യാസം തരോജയ മുതിരേ ഹരിഹീവം ഹരിഹീ